ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വെല്ലുവിളിച്ച എൻ്റെ ഹൃദയത്തോട് ഇടപെടുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു വചനം യോഹനാൻ എട്ടാം അധ്യായത്തിലുണ്ട് നാം ഇന്ന് സോജൻ ബ്രദർ പറഞ്ഞ് കേട്ട വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ആ കാര്യം കൂടെ പെട്ടെന്ന് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു അതിനുശേഷം സുനിൽ ബ്രദറിന് പങ്കുവയ്ക്കാമല്ലോ യോഹനാനെട്ടിൽ അവിടെ എട്ടാമധ്യായം തുടങ്ങുന്നത് യേശു ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയോടുള്ള യേശുവിൻ്റെ സംസാരം യേശു അവളെ കരുണയോടെ എല്ലാവരും അവളെ കുറ്റം വിധിച്ചപ്പോൾ യേശു അവളെ അവളോട് പറയുന്ന ആ വാക്കുകളൊക്കെ നാം ഇവിടെ വായിക്കുന്നു പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല നാം പാട്ടുകൾ പാടിയപ്പോൾ നാം പാടി പാപത്തിൻ്റെ ചേറ്റിലും കുഴിയിലും കിടന്നിരുന്ന നമ്മെ തേടി വന്നു നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു ഇതാ ഇവിടെ പാപത്തിൽ പിടിക്കപ്പെട്ടിരുന്ന ആ സ്ത്രീ അവളോട് കർത്താവ് പറയുന്നു ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല അനുതാപത്തോടെ അവളുടെ ഉള്ളത്തിൽ വേദനയോടെ ദൈവത്തോട് അവൾ ആ സമയത്തും അവൾ വാക്കുകൾ എന്തൊക്കെ പറഞ്ഞു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ അവളുടെ ഹൃദയത്തിന്റെ അവസ്ഥ കണ്ട് കർത്താവ് അവളോട് പറയുന്നു ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പക്ഷേ എന്നെ ശരിക്കും വെല്ലുവിളിച്ചത് അതിൻ്റെ അടുത്ത് യേശു ക്രിസ്തു ആ ഒരു വാചകമാണ് എന്നിട്ട് അവളുടെ അവളുടെ പാപം ക്ഷമിച്ചു അവളെ ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ഉടനെ ആ സ്ത്രീയോട് കർത്താവ് പറയുന്നു പോകുക ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു പോകുക ഇനി പാപം ചെയ്യരുത് സുവിശേഷത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ബ്രദർ നേരത്തെ പങ്കുവെച്ച രക്ഷണപ്രവൃത്തിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ രക്ഷണപ്രവർത്തിക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യത്തിൻ്റെ മഹത്വം അവിടെ കാണുകയായിരുന്നു അതായത് നമ്മള് ഒരു എക്സ്ട്രീമിൽ കിടക്കുന്ന യാതൊരു സാധ്യതയുമില്ല എന്ന് ചിന്തിക്കുന്ന ആ സ്ത്രീയോട് അവൾ യേശുവിൻ്റെ അടുത്ത് വന്നു അവളുടെ പാപം ക്ഷമിച്ചു ക്ഷമിച്ച് കഴിഞ്ഞ് ഉടനെ കർത്താവ് അവളോട് പറയുകയാണ് പോകുക ഇനി പാപം ചെയ്യരുത് അങ്ങനെയെങ്കിൽ അങ്ങനെ ആ ഒരു സ്ത്രീയോട് കർത്താവിനങ്ങനെ പറയാനും അവൾക്ക് അങ്ങനെ ചെയ്യുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ വഴിയെക്കുറിച്ചൊക്കെ യോഹനാൻ എട്ടാം അധ്യായത്തിൽ തുടർന്ന് ബ്രദറും ചില വാ വാക്യങ്ങൾ വായിച്ചല്ലോ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആ അധ്യായത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ഇരിക്കുന്ന ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഒരാൾക്ക് പോലും ഒരു എക്സ്ക്യൂസില്ല നമ്മെ ഓരോരുത്തരെയും കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ രക്ഷിച്ച ശേഷം നമ്മോട് പറയുന്നത് നീ പാപം ചെയ്യരുത് നീ പാപത്തിൽ തുടരരുത് നിനക്ക് പാപത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അത് നിനക്ക് സാധ്യമാണ് എന്ന് കർത്താവ് പറയുന്നു അപ്പോൾ അതെങ്ങനെയാണ് അത് സാധിക്കുക അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ആ ഒരു കണ്ടിന്യൂവേഷൻ ആ ഒരു കർത്താവ് ആഗ്രഹിക്കുന്ന ആ വഴിയെക്കുറിച്ച് പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആ യോഹിനെട്ടാം അധ്യായത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അപ്പോൾ എന്താണ് നിനക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിലും ഇനി പാപം ചെയ്യരുത് നിനക്ക് പാപത്തിൽ എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ വാഗ്ദാനം ചെയ്ത് മുമ്പോട്ടുള്ള ഒരു ജീവിതം അത് നിനക്ക് എങ്ങനെയാണ് വാക്യം യേശു പിന്നെയും അവരോട് അവൾ പോയിട്ടുണ്ടാവുകയില്ല അവൾ അവിടെ നിൽക്കുന്നു അവളും അവിടെ അവൾ കേൾക്കുന്നുണ്ടാവും യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നെ നീ അനുഗമിക്കുക നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു ഇനി നിനക്ക് എന്നെ അനുഗമിക്കുന്ന ഒരു ജീവിതം നിന്റെ മുമ്പിലുണ്ട് നീ എന്നെ അനുഗമിക്കുക നീ എന്നെ അനുഗമിച്ചാൽ നിനക്ക് ഇനിയും നീ ഇതുവരെ ജീവിച്ചിരുന്ന ഇരുളിൽ നീ ജീവിക്കേണ്ട ആവശ്യമില്ല ആ ഇരുളിൽ നീ നടക്കേണ്ട ആവശ്യമില്ല ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുവാൻ നിനക്ക് കഴിയും എനിക്ക് കഴിയും അതൊരു അതെന്നെ നമ്മെ വളരെ വളരെ ഉത്സാഹിപ്പിക്കുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ആയിരുന്ന ഇരുളിൽ ഞാൻ തുടരേണ്ട ആവശ്യമില്ല ഞാൻ കർത്താവെ ഞാൻ അങ്ങെ അനുഗമിക്കുന്നു എനിക്ക് ഇരുളിൽ നിന്ന് എനിക്ക് അങ്ങ് ജീവൻ്റെ വെളിച്ചമുള്ളവനാണ് അങ്ങ് എന്നെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി ഇരുളിൽ നടക്കാതെ ഞാനും ജീവൻ്റെ വെളിച്ചമുള്ളവനായി എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞപ്പോൾ അവർക്ക് പലർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായില്ല അവർ എബ്രാഹാമിൻ്റെ ഞങ്ങൾ എബ്രാഹാമിൻ്റെ മക്കളാണ് എന്ന് പറയുന്നതിനെക്കുറിച്ചൊക്കെ നമ്മളവിടെ ഞാൻ നേരത്തെ ബ്രദറ് വായിച്ച വാക്യവും നമ്മൾ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നൊക്കെ കർത്താവ് പറഞ്ഞു അതിനുശേഷം അവർ അവരോട് പറയുന്നത് അവരോട് അതിൽ കുച്ചിലർ അവനിൽ വിശ്വസിച്ചു ആ വിശ്വസിച്ച ആളുകളോട് കർത്താവ് വീണ്ടും പറയുന്നു മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങളിൽ പറയുന്നു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ സത്യം അറിയും നിങ്ങൾക്ക് ശിഷ്യന്മാരായി നിങ്ങൾ സ്വതന് സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും നിങ്ങൾക്ക് ഈ ഇരുളിൽ തുടരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞപ്പോൾ പക്ഷെ അവർക്ക് ഇത് മനസ്സിലായില്ല അവർ പറഞ്ഞു ഞങ്ങൾ എബ്രാഹാമിൻ്റെ സന്തതിയാണ് അപ്പം കർത്താവ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നു മുപ്പത്തിനാലാം വാക്യം അതിനേ യേശു അമീൻ അമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനോ എന്നേക്കും വസിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് കർത്താവ് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് നാം നമ്മുടെ ഹൃദയം കൊണ്ട് ആദ്യം വിശ്വസിക്കേണ്ട ഒരു കാര്യം എൻ്റെ പാപത്തെ ക്ഷമിച്ച കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരാനായിട്ടാണ് കർത്താവ് വന്നത് ഞാൻ ഇരുളിൽ നടക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഇരുളിൽ നിന്ന് ജീവൻ്റെ വെളിച്ചമുള്ളവനായിട്ട് എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് ഒരു വഴി കർത്താവ് തന്നിട്ടുണ്ട് അതിനായിട്ട് എനിക്ക് കർത്താവിനെ അനുഗമിച്ചാൽ എനിക്കത് സാധിക്കും നമുക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ വിശ്വാസം പോലും പലപ്പോഴുമില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് എൻ്റെ മാതാപിതാക്കളൊക്കെ ഈ സ്വഭാവക്കാരായിരുന്നു എൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഈ ഇതിൽ നിന്ന് മാറ്റുവാൻ കർത്താവ് വന്നിരിക്കുന്നു കർത്താവിന് അതിന് കഴിയും എന്നുള്ളത് ഞാൻ ആദ്യം ഞാനത് വിശ്വസിച്ച് കർത്താവിനെ ഞാൻ അനുഗമിക്കണം അങ്ങനെ നമ്മളെ കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഒന്ന് പത്രൂസിൽ നിന്ന് പല വാക്യങ്ങൾ വായിച്ചല്ലോ ഒന്ന് പത്രൂസ് അവിടെ കർത്താവിനെ അനുഗമിക്കുന്നതിനെ അവിടെ പറയുന്നു ഇരുപത്തി ഒന്ന് നമ്മൾ രണ്ടാമധ്യായം ഒന്ന് പത്ത് ദിവസ രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള പല വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കഷ്ടം സഹിക്കുന്നതിനെക്കുറിച്ചും നമുക്ക് അവിടെ കീഴടങ്ങിയിരിക്കുന്നതിനെക്കുറിച്ചും അവിടെ നാം ഇഷ്ടപ്പെടാത്ത രീതിയിൽ മറ്റുള്ളവർ പ്രതികരിക്കും മറ്റുള്ളവർ പെരുമാറുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും പറഞ്ഞിട്ട് ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നു അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചു അപ്പോൾ കർത്താവ് നമുക്കൊരു മാതൃക വച്ചിരിക്കുന്നു ആ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് പറയുന്നു ആ കർത്താവിനെ പിൻപറ്റുന്നതിലൂടെ എനിക്കും ഇങ്ങനെയൊരു സ്വാതന്ത്ര്യം കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു എന്നിട്ട് കർത്താവ് പറയുന്നു അതിനെ തുടർന്നാണ് ഭാര്യമാരേ എന്ന് പറയുന്നു നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടത് ഭർത്താക്കന്മാരെ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് കർത്താവിത അവൻ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക എത്ര ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കർത്താവിനെ പിൻപറ്റുമ്പോൾ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരായി സ്വാതന്ത്ര്യമുള്ളവർ ജീവിതം കർത്താവ് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നെ അനുഗമിക്കുക എന്ന് പറയും നാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം കൂടെ ഞാൻ വായിച്ച് ഞാൻ ഈ ചിന്തകൾക്ക് വിരാമം വിടാം നാലാമധ്യായം ഒന്ന് പത്ര ദിവസം നാലാം അധ്യായത്തിന് ഒന്നാം വാക്യം എന്നിട്ട് പറയുന്നു ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ പാവം തന്നെ ആയുധമായി ധരിക്കുകയും ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത്രയും പാപം വിട്ട് ഒഴിഞ്ഞിരിക്കും പലർക്കും ഈ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പലർക്കും അറിയില്ല നമ്മൾ ഈ ചർച്ചിൽ നമ്മൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും അതറിയാം എന്നാലും ചിലർക്ക് ഈ കാര്യം അറിയാത്ത ചിലരുണ്ട് അപ്പോൾ എങ്ങനെയാണ് പാപത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ കർത്താവ് അത് പറയുന്നു എന്നെ അനുഗമിക്കാനായിട്ട് പറയുന്നു കർത്താവിൻ്റെ ഒരു മാതൃക പിൻപറ്റുവാനായിട്ട് പറയുന്നു ആ സ്ത്രീയോട് നീ ഇരുളിൽ നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെയാ കർത്താവിനെ അനുഗമിക്കേണ്ടത് നാലാം വാക്യം നാൽ ഒന്നാലാം അധ്യായത്തിന് ഒന്നാം വാക്യം ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ അപ്പോൾ എന്താണ് ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് പുറത്തുള്ള ആളുകൾ പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ യേശു ക്രിസ്തു അടിയേറ്റു യേശു ക്രിസ്തു ആ രീതിയിൽ പീഡനങ്ങളേറ്റു യേശു ക്രിസ്തുവിൻ്റെ ഭൗതികമായ പീഡനങ്ങളെക്കുറിച്ചാണ് മറ്റ് പല ആളുകളും പറയുന്നത് അതുകൊണ്ട് യേശുവിനെ ഞങ്ങൾക്ക് പിൻപറ്റണം അതുകൊണ്ടാണ് അവർ കുരിശുമെടുത്ത് മലയിൽ കയറുന്നതും പുണ്യസ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് അവരും യേശുവിൻ്റെ കഷ്ടം കഷ്ടാനുഭവങ്ങൾ അവർ വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് പക്ഷേ ഈ ദൈവവചനം അങ്ങനെയല്ല പറയുന്നത് ഈ ദൈവവചനത്തിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് ആ പാപം നിങ്ങളും ആയുധമായി ധരിക്കുക നിങ്ങൾക്കും ഇങ്ങനെയൊരു മനോഭാവം നിങ്ങൾക്കും വേണം ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ഈ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത്ര പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ഓരോ പരീക്ഷ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും എനിക്ക് ഒന്നുകിൽ ആ പരീക്ഷയോട് എനിക്ക് അതെ എന്ന് പറയാം ഏസ് എന്ന് പറയാം എന്നിട്ട് ആ പരീക്ഷയ്ക്ക് എനിക്ക് വശംവധനായി ആ പരീക്ഷയിലൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ ആ വശംവധനാകുന്നതിലൂടെ ലഭിക്കുന്ന ഒരു സന്തോഷം സ്വീകരിച്ച് താൽക്കാലികമായ പാപത്തിന്റെ തൽക്കാല ഭോഗം എന്ന് നമ്മള് എബ്രഹി ലേഖനത്തിൽ മോശയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു അപ്പോൾ പാപത്തിൻ്റെ ഈ തൽക്കാല ഭോഗം ഞാൻ ആ ഒരു അവിടെ അതിനെ സ്വീകരിച്ചു ഞാൻ അതിനെ എതിർത്ത് നിൽക്കുന്നില്ല ഞാൻ വേണ്ട എന്ന് പറയുന്നില്ല പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെ സ്വീകരിക്കുന്നു സ്വീകരിക്കുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് മരണം സംഭവിക്കുകയാണ് എന്നാലിവിടെ പറയുന്നു ഞാൻ വേണ്ട എന്ന് പറയുന്നു ഞാൻ എൻ്റെ ജഡത്തിൽ ഞാൻ ആന്തരികമായിട്ട് ഞാൻ ഒരു കഷ്ടതയുടെ പാത തിരഞ്ഞെടുക്കുന്നു ആ ജഡത്തിൽ കഷ്ടമനുഭവിക്കുന്നവൻ അവൻ തുടർമാനമായി ആ ജഡത്തിൽ കഷ്ടമനുഭവിക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ വേണ്ട ഈ വഴിയല്ല കർത്താവ് പോയ മാതൃക ആ മാതൃക പിൻപറ്റുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താൽ മതി ഇവിടെ എനിക്ക് തിരിച്ച് പ്രതികരിക്കുവാനായിട്ട് എൻ്റെ ഉള്ളിൽ നിന്നു ഒരു ശക്തി ഉയർന്നു വരുന്നു അത് വേണ്ട ദൈവമേ എന്നെ സഹായിക്കണമേ കർത്താവെ എന്നെ സഹായിക്കണമേ എൻ്റെ കണ്ണുകൾക്ക് ഇത് വളരെ ആകർഷണമായി തോന്നുന്നു കർത്താവെ വേണ്ട അങ്ങ് എന്നെ എന്നെ ബലപ്പെടുത്തണമേ അങ്ങയുടെ പാത പിൻ പിൻ എനിക്ക് മുമ്പോട്ട് പോകണം കർത്താവെ അങ്ങ് വിജയകരമായ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അതെനിക്ക് വേണം കഴിഞ്ഞ അനേകം നാളുകളിൽ കർത്താവ് എനിക്ക് നഷ്ടമായി എന്നാൽ എനിക്ക് ഇനിയും മുമ്പോട്ട് അത് വേണം കർത്താവ് ഞാൻ ആ രീതിയിൽ ഞാൻ ജഡത്തിൽ തുടർമാനമായി കഷ്ടം അനുഭവിച്ചുകൊണ്ട് യേശുവിൻ്റെ പാതയെ കണ്ട് യേശുവിൻ്റെ പാത ഞാൻ പാപം വിട്ടൊഴിയുന്ന പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും നാം വേണ്ടുമണ്ണം ഈ കാര്യത്തെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കാറില്ല നമുക്കിന്ന് വീണ്ടും നമുക്ക് ഈ ഒരു വഴിക്കായിട്ട് നാം പല നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വഴി കുറച്ചുകൂടെ വ്യക്തതയോടെ കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ വരവ് ആസന്നമായിക്കൊണ്ടിരിക്കുന്നു കർത്താവെ എൻ്റെ മരണം ഇതുവരെ സംഭവിച്ചിട്ടില്ല കർത്താവ് എനിക്ക് ഒരു നാളുകൂടെ അങ്ങ് തന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വർഷം കർത്താവ് എന്താണ് അങ്ങയുടെ ഉദ്ദേശം അറിയില്ല എന്നാൽ കർത്താവെ അങ്ങ് തന്നിരിക്കുന്ന ഈ നാളിൽ അങ്ങയുടെ വരവിന് മുമ്പേ എനിക്ക് കുറച്ചുകൂടെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം കുറച്ചുകൂടെ പാപത്തിൻ്റെ ശക്തി എന്നിൽ നിന്ന് നീങ്ങിപ്പോകണം കുറച്ചുകൂടെ രക്ഷണീ പ്രവൃത്തി എന്നിൽ നടക്കണം കർത്താവെ കർത്താവ് എന്നെ പാപത്തിൽ നിന്ന് കുറച്ചു കൂടെ രക്ഷിക്കുന്നത് എനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയണം എൻ്റെ ക്ഷമിക്കുവാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ എന്നെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയല്ല ഈ കർത്താവെ അങ്ങേ പിൻപറ്റിക്കൊണ്ട് എൻ്റെ ജടത്തിൽ കഷ്ടമനുഭവിച്ചു കൊണ്ട് ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും കർത്താവെ മോഹത്തിന്റെയും പാപത്തിന്റെയും തൽക്കാല ഭോഗം എന്നിൽ നിന്ന് എന്നിൽ എന്നിൽ ഉയർന്നു വരുമ്പോ അതിനെ വേണ്ട എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു വഴിയിൽ മുമ്പോട്ട് പോകുവാൻ അങ്ങനെ സഹായിക്കണമേ ഈ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരമോ പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ നാം കർത്താവിൻ്റെ ആ പാത പിന്തുടരുകയാണ് അപ്പോ ഇത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയോട് ഈ ഒരു വഴിയെ കുറിച്ച് തൻ്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ കർത്താവിന് പറയാനുണ്ടെങ്കിൽ ഓ അതാ ആ സ്ത്രീയോട് പറയുന്നു നിനക്ക് നീ പോക നീ പാപം ചെയ്യരുത് നിനക്ക് ഞാൻ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും കർത്താവെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന ഈ സ്വാതന്ത്ര്യം കർത്താവെ നീ പാപം ചെയ്യരുത് എന്ന് പറയുന്ന ആ ഒരു ജീവിതം ബോധപൂർവം കർത്താവെ ഞാൻ ഒരിക്കലും എനിക്ക് പാപം തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണ്ട അങ്ങനെ സഹായിക്കണമേ ഏതെങ്കിലും ഒരവസ്ഥയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ നാം പാപത്തിൽ നാം വീണാൽ ഉടനെ എഴുന്നേറ്റ് നാം ബോധപൂർവം പാപം തിരഞ്ഞെടുക്കുന്നതും പാപത്തിൽ വീഴുന്നതും രണ്ടാണ് ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോൾ എൻ്റെ യാത്രയിൽ ഞാൻ തട്ടി ഒന്ന് വീണാൽ ഉടനെ എഴുതേറ്റ് കർത്താവേ അങ്ങനെ രക്തത്താൽ കഴുകണമേ എന്നെ ശുദ്ധീകരിക്കണമേ എന്നെ വിടുവിച്ച് എന്നെ മുമ്പോട്ട് നടത്തണമേ കർത്താവേ എന്ന് പറഞ്ഞ് നാം വീണ്ടും ആ മുമ്പോട്ട് കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് ഈ യാത്ര തുടരാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഈ ജീവിതത്തെ അവർ ഗൗരവമായിട്ട് എടുത്താൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം കാണാനായിട്ട് തുടങ്ങും ഭർത്താക്കന്മാർക്ക് അവരുടെ ജീവിതത്തിലൊരു വ്യത്യാസം കാണാനായിട്ട് തുടങ്ങും ഭാര്യമാർക്ക് അവരുടെ ജീവിതത്തിലൊരു വ്യത്യാസം കാണാനായിട്ട് തുടങ്ങും സഹോദരി സഹോദരന്മാർക്ക് അവരുടെ ജീവിതത്തിലുള്ള ഉപരിപ്ലവമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് വാക്കുകളുടെ ഒരു കസർത്തിൽ നിന്ന് അവർക്ക് ആന്തരികമായിട്ടുള്ള ജീവൻ്റെ സ്പർശനം കൂടുതൽ അനുഭവിക്കുവാനായിട്ട് കഴിയും കാര്യങ്ങളെക്കുറിച്ചുള്ള വിവേചനം അവർക്ക് കിട്ടും കാര്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അവർക്ക് ലഭിക്കുവാനായിട്ട് തുടങ്ങും ജീവൻ്റെ വെളിച്ചം അവർക്ക് അവർക്കുണ്ടാകുന്നതും അവർ ആ ജീവൻ്റെ വഴിയിൽ കർത്താവിൻ്റെ പാത പിന്തുടർന്ന് നടക്കുന്നതും നമുക്ക് കൂടുതൽ അനുഭവേദ്യമാകും നമുക്ക് അതാഗ്രഹിക്കാം ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറവിനെ ഞാൻ കണ്ട് വീണ്ടും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ ഈ അങ്ങ് പോയ ഈ വഴിയെ അങ്ങയുടെ മാതൃക അങ്ങയെ അനുഗമിക്കുവാനായിട്ട് അങ്ങനെ വിളിച്ചിരിക്കുന്നു പാവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു കർത്താവെ അതെനിക്ക് വേണം ഞാനങ്ങിൽ വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും ചേർന്ന് നമുക്ക് റോമാലേഖനം ആറാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം നമുക്കൊന്ന് ആ ദൈവവചനം നമുക്കൊന്ന് ശബ്ദത്തിൽ നമുക്ക് എല്ലാവർക്കും പറയാം അവിടെ അത് നമുക്ക് വീണ്ടും നമ്മുടെ ഉള്ളത്തിൽ ഒരു വിശ്വാസമായിട്ട് നാം ഇന്ന് കേട്ട ദൈവവചന സന്ദേശങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ അതൊരു വിശ്വാസമായി മാറട്ടെ കർത്താവ് അത് എനിക്കുള്ളതാണ് എൻ്റെ ജീവിതത്തിലാണ് അങ്ങ് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ ഒരു വഴിയിൽ എനിക്ക് പോകണം റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം അതെന്താണ് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക ഇല്ലല്ലോ നമുക്ക് ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാവരും ചേർന്ന് നമുക്ക് ആ വാക്യം ഒന്ന് ഏറ്റു പറയാം നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ പാപത്തിന്റെ കർതൃത്വത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് സാധ്യമാണ് ദൈവത്തിന്റെ കൃപ അതിന് പര്യാപ്തമാണ് കർത്താവേ അങ്ങയുടെ കൃപ എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തി പാപത്തിന്റെ കർതൃത്വത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ പര്യാപ്തമാണ് നമ്മളത് വിശ്വസിച്ച് നമ്മളത് ഏറ്റു പറയണം വിടിയിരിക്കുന്ന ചെറുപ്പക്കാർ നിങ്ങൾ അത് ഏറ്റു പറയണം നമ്മെ തളർത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ഈ രക്ഷിണി പ്രവൃത്തിയുടെ പൂർണ്ണതയിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുവാനായിട്ട് നാം അനുവദിക്കരുത് നമുക്ക് അത് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക